ടുത്ത് എന്താണ് സംഭവിക്കുന്നത് മഞ്ഞപ്പിത്ത പിടിച്ചവൻ മഞ്ഞയായി പറഞ്ഞു അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോ പീതം തപനീയപ്പെട്ട മഞ്ഞസ്വർമ്മ കാണുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വരുന്നു അവിടെ ഭേദാഗ്രഹമാണ് അതുപോലെ ഗീതസംഖ എന്ന് പറയുന്നതിൽ ഭേദാഗ്രഹമാണ് അത് വിശദീകരിക്കും എങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണ് അവിടെ ഒരു സ്മൃതിയില്ല പ്രത്യക്ഷമേ സ്മൃതിയില്ല പ്രത്യക്ഷം മാത്രം അത് വിശദീകരിക്കും കൊച്ചു പുനർഗ്രഹണേയ്യോ എന്നുവച്ചാൽ പ്രത്യക്ഷം മാത്രമേ ഏത് വ്യക്തിയാണ് ഗ്രഹണം ഗ്രഹണേ രണ്ട് ഗ്രഹണങ്ങൾ അല്ലാതെ സ്മൃതി ഇല്ലാന്നും മിഥോ അഗ്രഹീത ഭേദം ഇവിടെ എന്താണ് രണ്ടു പ്രത്യക്ഷം അവയുടെ ഭേദം ഗ്രഹിക്കുന്നില്ലാത്ത യഥാ ഭീതശങ്കം ഭീതം അത് ഉദാണോ വ്യക്തമാവും അത്രയര പഴയ അവരുടെ വിശ്വാസം അനുസരിച്ച് പറയാണ് ഒരുത്തരും മഞ്ഞ പിത്തം പിടിച്ചു അവൻ സന്ധിൽ നോക്കുമ്പോൾ അത് മഞ്ഞയായി കാണും അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നു ഭൗതികമായി സംഭവിക്കുന്നത് എന്താണ് അവന്റെ ഉള്ളിലിരിക്കുന്ന പിത്തം പിത്തം മഞ്ഞ ദ്രവ്യമാണ് പിത്തദ്രവ്യം അവന്റെ കണ്ണിലൂടെ പുറത്തു വന്ന് ശങ്കൽ വ്യാപിക്കുന്നു എന്തുകൊണ്ട് ചക്ഷേന്ദ്രിയം വിഷയത്തിൽ വ്യാപിക്കുന്നു എന്നാണ് ആ പ്രീതികളുടെ സിദ്ധാന്തം അത് സങ്കൽ വ്യാപിക്കും പിത്തദ്രവ്യം എന്ന് പറയുന്ന വാദപിത്ത കപങ്ങളുടെ പിത്തമാണ് ആ പിത്തദ്രവ്യത്തിന്റെ ഗുണമാണ് പീതവർണ്ണം മഞ്ഞ നിറം പിത്തദ്രവ്യത്തിന് മഞ്ഞ നിറം അപ്പൊ ഉള്ളിലിരിക്കുന്ന പിത്തം കണ്ണിലൂടെ പുറത്തു വന്ന് സംഘന് അവിടെ ആ പിത്തദ്രവ്യവും വ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിത്തദ്രവ്യത്തിലിരിക്കുന്ന മഞ്ഞ നിറവും വ്യാപിക്കണം ഗുണം ഗുണവും മുണിയും മുണി വ്യാപിക്കുമ്പോൾ ഗുണവും വ്യാപിക്കും അത്ര ഹി പീതശങ്ക എന്ന് പറയുന്ന ബെഹ്റു വിനർഗൻ പുറത്തേക്ക് പുറപ്പെടുന്ന കണ്ണിക്കൂടി പുറത്തേക്ക് പുറപ്പെടുന്ന പിത്തദ്ര അതെവിടെയിരിക്കുന്നു വർത്തിനഹ നയനരശ്മികളിലിരിക്കുന്നു ചക്ഷേന്ദ്രിയോ പിത്തദ്രുവീശ്യ അതെന്താണ് കാജശൈവ സ്വച്ഛസ്യ അത് കാച്ചം പോലെ തിളങ്ങുന്നതാണ് തിളങ്ങുന്ന ഒരു സാധനമാണ് കാച്ചമെന്ന് പറയുന്നത് തിളങ്ങുന്ന ഒരു മഞ്ഞക്കല്ല അങ്ങനെയാണ് കാച്ചമെന്ന് പറയുന്നത് അതായത് നമ്മള് മാലയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിന് പ്ലാസ്റ്റിക്കിലുള്ള ആ അതുപോലെ അതുപോലെ പഴയകാലത്ത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം മഞ്ഞ അറത്തിൽ തിളങ്ങുന്നതാണ് മഞ്ഞ പലവർക്കുമുണ്ട് ഇവിടെ പറയുന്നത് കാറ്റൊന്നു പറയുന്നതാണ് സ്വച്ഛസ്യാ തിളങ്ങുന്നതാണ് അതെന്ത് ചെയ്യുന്നു ഈ കുത്തം തിളങ്ങുന്ന പിത്തം വ്യാപിക്കും ആ പിത്തത്തിന്റെ പീതത്വം ഗ്രഹ്യതേ അപ്പൊ അതിലിരിക്കുന്ന ആ മഞ്ഞ നിറം പീതത്വം എന്ന് വച്ചാൽ മഞ്ഞ നിറം ഈ കാണുന്നയാള് ശങ്കനെ നോക്കുന്നയാള് മഞ്ഞ നിറം കാണും പിത്തംതു ഗ്രഹ്യതേ പക്ഷെ ആ മഞ്ഞ നിറം ഇരിക്കുന്ന പിത്തം എന്ന് പറയുന്ന ദർഭ്യത കാണത്തില്ല നിറത്തെ കാണും ണത്തെ കാണും കുണിയെ കാണത്തില്ല ശങ്കന് നോക്കുമ്പോ എന്തിനെ കാണും ആങ്കോപി ദോഷവശാദ് ശുക്ല ഗുണരഹിത സ്വരൂപ് മാത്രമാണ് കരുതിയത് ഇനിയാണ് ശങ്കനെയും കാണുന്നുള്ളൂ ശങ്കനെ കാണുമ്പം അൾ ശംഖം എന്ന് പറയുന്ന ആ ദ്രവ്യത്തെ കാണും വസ്തുവിന് പക്ഷേ ആ വെള്ളം നിറത്തെ കാണപ്പെടുന്നു വെള്ളം നിറത്തെ എന്തുകൊണ്ട് തന്നെ സംഭവിക്കുന്നു സംഭവിക്കുന്ന കാരണം ദോഷം എന്താ ദോഷം ഉള്ളിലിരിക്കുന്ന പിത്തം ചേന്ദ്രിയ പുറത്തിറങ്ങി അതിൽ വ്യാപിച്ചു അത് വ്യാപിച്ചുകൊണ്ട് അവിടെ കൃത്യമായി വേർതിരിച്ച് വെളുപ്പിന് കാണാൻ പറ്റില്ല പക്ഷെ അതിങ്ങനെ വ്യാപിക്കുമ്പോടേത് ദ്രവ്യം ഉണ്ടല്ലോ സംഘ് അതിനെ കാണും ആ ദ്രവ്യത്തെ കാണും ഇപ്പോൾ രണ്ട് കാര്യമാണ് നോക്കുന്നവൻ രണ്ടു കാര്യങ്ങളെയാണ് ഒന്ന് ശങ്കിന്റെ ഇതാണ് സംഘന്റെ ദ്രവ്യത്തെ കാണും പിന്നെ പിത്തത്തിന്റെ മഞ്ഞ കാണുന്നു മഞ്ഞ കാണുന്നു പിന്നില്ല ശന്തിന ദ്രവ്യമായിരിക്കുന്ന ശങ്കിനെ കാണുന്നു കാണും ദ്രവ്യമായിരിക്കുന്ന സംഘിനെ കാണുന്നു എന്തിനെ കാണുന്നില്ല ഗുണമായിരിക്കുന്ന പിത്തത്തെ കാണുന്നില്ല പിത്തത്തെ കാണുന്നില്ല എന്നാണ് വെള്ളയെ കാണുന്നു എന്നെ കൂടെ പറഞ്ഞു കെട്ടിക്കുന്നു ഞാൻ വെറുതെ ഇരിക്കും പുറത്തിറങ്ങുമ്പോ ദ്രവ്യമായിരിക്കുന്ന എന്തിനാ കാണുന്നു കാണുന്നു ദ്രവ്യമായിരിക്കുന്ന എന്തിനാ കാണുന്നില്ല ഗുണമായിരിക്കുന്ന എന്തിനാ കാണുന്നു ഗുണമായിരിക്കുന്ന എന്തിനാ കാണുന്നില്ല എന്തിനാ കാണുന്നില്ല വെള്ള ദ്രവ്യമായിരിക്കുന്ന എന്തിനാ കാണുന്നില്ല ഗുണമായിരിക്കുന്ന എന്തിനാ കാണുന്നു ഗുണമായിരിക്കുന്ന മഞ്ഞ ശങ്കരയാണ് കാണുന്നത് ആ മഞ്ഞ പിത്തം പിടിച്ചും മഞ്ഞസങ്ങനെ കാണുന്നു ദ്രവ്യമായിരിക്കുന്ന എന്തിനെ കാണുന്നില്ല മഞ്ഞസംഖന കാണുന്നു ദ്രവ്യമായിരിക്കുന്ന എന്തിനാ കാണുന്നില്ല ദ്രവ്യമായിരിക്കുന്ന എന്തിനെ കാണുന്നില്ല പിത്ത ദ്രവ്യമായിരിക്കുന്ന എന്തിനെ കാണുന്നു ദ്രവ്യമായിരിക്കുന്ന ശങ്കിനെ കാണുന്നു ദ്രവ്യമായിരിക്കുന്ന പിത്തത്തെ കാണുന്നുണ്ട് ഗുണമായിരിക്കുന്ന മഞ്ഞെ കാണുന്നു ഗുണമായിരിക്കുന്ന വെള്ളയെ കാണുന്നുണ്ട് വെള്ളയെ കാണുന്നില്ല മഞ്ഞെ കാണുന്നുണ്ട് പിത്തത്തെ കാണുന്നില്ല ശങ്കിനെ കാണുന്നുണ്ട് അപ്പോ വീതസംഗന്നുമാണ് മനസ്സിലായി മഞ്ഞസങ്കാണ് മഞ്ഞ ആകുന്ന ഗുണത്തെയും ദ്രവ്യമാകുന്ന ശങ്കിനെയും കാണുന്നു ദ്രവീയമാകുന്ന വെള്ളയാകുന്ന ഗുണത്തെയും കാണുന്നു അതുകൊണ്ടാണ് മഞ്ഞ ശംഖ് എന്ന് പറയുന്നത് ശംഖ് പക്ഷേ മഞ്ഞ ശംഖെന്നുമാണ് പറഞ്ഞു ശങ്കം കാർ ഗുണഗുണിനോർ അസംസർഗ്രഹസാരൂപ്യ സാമാനാധിക അതാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ രണ്ടും പ്രത്യക്ഷമാണ് ശങ്കർ എന്ന് പറയുന്ന ദ്രവ്യം പ്രത്യക്ഷമാണ് മഞ്ഞാവെന്ന് പറയുന്ന ഗുണവും പ്രത്യക്ഷമാണ് ഇവിടെ സ്മൃതി എന്ന് കാരണം നേരിട്ടുമുമ്പ് കാണുകയാണ് ഇങ്ങനെ കാണുമ്പോ ഇവിടെ എന്തുകൊണ്ട് ഭേദാഗ്രഹം ഏതുപോലെ മഞ്ഞ സ്വർണത്തെ കാണും മഞ്ഞ സ്വർണത്തെ കാണും മഞ്ഞ എന്ന് പറയുന്ന ഗുണവും സ്വർണമെന്ന് പറയുന്ന ദ്രവ്യവുമാണ് ഒരാള് മഞ്ഞസ്വർണത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അവിടെ മഞ്ഞ ഗുണവും സ്വർണദ്രവ്യവും തമ്മിലുള്ള ഭേദത്തെ അറിയുന്നുണ്ട എന്തുകൊണ്ട് എന്തുകൊണ്ടറിയുന്നില്ല മഞ്ഞ സ്വർണത്തെയാണ് കാണുന്നത് അപ്പൊ സ്വർണമാകുന്ന ദ്രവ്യവും മഞ്ഞയാകുന്ന ഉണവും ഇതിന്റെ ഭേദത്തെ അറിയുന്നില്ല കാരണം മഞ്ഞസ്വർണമെന്ന പറയും പീതം തപനീയ പിണ്ടോ എന്ന് വെച്ചാൽ സ്വർണം പീതം തപനീയ പെണ്ടോ അവിടെ എന്തിനാ കാണുന്നത് മഞ്ഞ സ്വർണത്തെയാണ് അപ്പൊ ഭേദത്തെ ഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഭേദഗ്രഹം ഉണ്ടോ സ്വർണത്തെ കാണുന്നിടത്ത് ഭേദഗ്രഹമുണ്ട് അവിടെ നിന്നുള്ള ഭേദഗ്രഹമുണ്ട് സ്വർണത്തെ കാണുന്നിടത്ത് ഗുണവും ഗുണിയും തമ്മിലുള്ള ഭേദത്തെ ഗ്രഹിക്കുന്നില്ല ഭേദ ആഗ്രഹമാണ് അതുപോലെ പീതശങ്ക എന്ന് പറയുന്നിടത്ത് ദ്രവ്യമായിരിക്കുന്ന ശങ്കും ഗുണമായിരിക്കുന്ന മഞ്ഞ വർണ്ണവും തമ്മിലുള്ള ഭേദജ്ഞാനമുണ്ട് അവിടെ എന്തുണ്ട് ഭേദാഗ്രഹം ഭേദാഗ്രഹ സാരൂപ്യ യഥാർത്ഥ സ്ഥലത്ത് എങ്ങനെയാണോ ഭേദാഗ്രഹമുള്ളത് അതുപോലെ ഇവിടെ എന്തുണ്ട് യഥാർത്ഥ സ്ഥലത്ത് എന്താ ഉള്ളത് ഭേദ ആഗ്രഹം എന്തുകൊണ്ട് മഞ്ഞ വേറെയാണ് സ്വർണം വേറെയാണെന്നുള്ള ഭേദജ്ഞാനം ഇപ്പൊ ഭേദാഗ്രഹം ഇവിടെ ശ് വേറെയാണ് മഞ്ഞ വേറെയാണ് എന്നുള്ള ഭേദജ്ഞാനം ഉണ്ട് ഭേദാഗ്രഹം കൂടി ഭേദഗ്രഹമില്ല എന്നാണ് എന്റെ അർത്ഥം ഭേദജ്ഞാനം ഇല്ല എന്ന് വെച്ചാൽ ഭേദാഗ്രഹമുണ്ട് ഭേദജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥമാണ് ഉണ്ട് അതാണ് ഭേദജ്ഞാനാഭാവമാണ് ഭേദാഗ്രഹം ഭേദ ജ്ഞാന അഭാവമാണ് എന്റെ സാദൃശ്യമുണ്ട് അതുകൊണ്ട് യഥാർത്ഥ സ്ഥലത്ത് എങ്ങനെയാണോ മഞ്ഞ സ്വഭവം എന്നറിയുന്നത് അതുപോലെ എവിടെയെന്ന് വരുന്നു പീതശങ്ക എന്നറിയുന്നു അതിന്റെ സാദൃശ്യമാണ് മനസ്സിലായു <laughs> y ോഹോ അസംസർഗ്രഹ സാരുമാനോ ഈ രണ്ടെണ്ണം എന്താണ് ഗുണവും ഗുണി സ്വർണത്തിലാണെങ്കിൽ ദ്രവ്യവും ഗുണവും സ്വർണമെന്ന് പറയുന്ന ദ്രവ്യവും മഞ്ഞ നിറവും വിധസംഘാന്ന് പറയുന്ന സംഘം എന്ന് പറയുന്ന ദ്രവ്യവും മഞ്ഞ അനയോഹോ ഗുണഗുണിനോഹോ ഗുണവും ഗുണിയും ഗുണിദ്രവ്യം നിറം ഗുണം അസംസർഗാഗ്രഹസാര ഇവിടെ എന്തുണ്ട് അസംസർഗാഗ്രഹം രണ്ടടത്തും എന്താണ് അസംസർഗമുണ്ട് അതായത് അസംസർഗത്തെ ഗ്രഹിക്കുന്നുണ്ട് അസംസർഗം അതായത് സ്വർണദ്രവ്യവും സ്വർണദ്രവ്യവും മഞ്ഞ ഗുണവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നറിയുന്നുണ്ടാവും അസംസർഗം എന്ന് വെച്ചാൽ ബന്ധമില്ല അസംസർഗ്രഹം എന്ന് വെച്ചാൽ ബന്ധമില്ല എന്നറിയുന്നു മുമ്പിലിരിക്കുന്ന അവിടെ കാണുന്ന മഞ്ഞ നിറവും തമ്മിൽ സംബന്ധമില്ല എന്നറിയുന്നുണ്ടോ സംബന്ധമില്ല എന്ന് പറഞ്ഞ അസംസർഗം അതിനെ അറിയുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹം അഗ്രഹം ഇനി ശങ്കര എടുക്കുക ശങ്കൻ എന്നു പറയുന്ന ദ്രവ് ആ മഞ്ഞയും തമ്മിൽ സംബന്ധമില്ല എന്നറിയുന്നുണ്ടോ പിത്തം പിടിച്ചവർ മ്മിൽ ബന്ധമില്ല എന്നറിയുന്നുണ്ടാ ഇപ്പോ എന്താണ് സംസർഗം എന്നുവെച്ചാൽ ബന്ധം അസംസർഗം എന്ന് വെച്ചാൽ ബന്ധമില്ലാതിരിക്കുക ഗ്രഹം എന്ന് വെച്ചാൽ അതിനെ അറിയുക അഗ്രഹം എന്ന് വെച്ചാൽ അറിയുന്നില്ല ഗുണവും ഗുണയും തമ്മിൽ അസംസർഗമാണെന്ന് വെച്ചാൽ ബന്ധമില്ല എന്നുള്ള കാര്യം അറിയുന്നില്ല രണ്ടടുത്തും ഒരുപോലെ സാരൂഖ്യ അസംസർഗ അഗ്രഹ സാരൂഖ്യാണ് ീയപിണ്ഡം എന്ന് പറയുന്ന ജ്ഞാനം പീത തപനീയപിണ്ടെന്ന് പറയുന്ന ജ്ഞാനം അതിന് അവിശേഷണം അതിനു തുല്യമായി അഭേദ വിവാര അഭേദമായി പറയുന്നു അങ്ങനെ ദാ സംഘം ഉപദേശം ശബ്ദപ്രയോഗം സംഘം മഞ്ഞയാണ് സ്വർണം മഞ്ഞയാണെന്ന് അഭേദ വ്യവഹാരം അഭേദമായിട്ട് പറയുന്നു സാമാനാധികരണ്യ വിപദേശിഷ്ട നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ പീതം തവിനീ പെണ്ഡം ഒരേ വിഭക്തി പറയുന്നു ഒരേ വിഭക്തി പറയുന്നു പ്രഥമമായ ഗോവ ഇവിടെ ഇത്രയും സംഭവിക്കുന്നുള്ള ഭ്രമം ്രമം ഇല്ല ഇവിടെ രണ്ടിടത്തും അഭേദ വ്യവഹാരമുണ്ട് എന്താണ് ആ ശംഖം മഞ്ഞയാണ് സ്വർണം മഞ്ഞയാണ് അഭേദമായി പറയുന്നുണ്ട് ഭ്രമമില്ല പിന്നെ അഭേദമായി പറയുമ്പോൾ ശംഖ് വേറെയാണ് മഞ്ഞ വേറെയാണ് എന്നിട്ടും എന്തുകൊണ്ട് ഭ്രമം വരുന്നില്ല ഇവിടെ അസംസ്ഥർക്ക് ആഗ്രഹം രണ്ടും ഭേദത്തെ അറിയുന്നില്ല അസംസർഗം എന്ന് വെച്ചാൽ ആ ബന്ധമില്ല അങ്ങനെ അറിയുന്നില്ല ഭേദം തന്നെ ഭേദം ഭേദാഗ്രഹം അസംസർഗം എന്ന് ഭേദമാണ് ഒന്നേ അസംസർഗം ഭേദം അസംസർഗ ആഗ്രഹം എന്ന് ഭേദത്തെ അറിയുന്നില്ല അല്ലാതെ അവിടെ ഭ്രാന്തിയില്ല ശരി ഇത്രയും സമ്മതിക്കാം ഭ്രാന്തിയിൽ പക്ഷേ ഒരു അറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് ഭ്രാന്തിയാണോ അല്ലേ എന്ന് എങ്ങനെയാ തീരുമാനിക്കുന്നത് എങ്ങനെയാ തീരുമാനിക്കുന്നു ഒരു അറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് ഭ്രാന്തി അല്ലേ എന്നെങ്ങനെ തീരുമാനിക്കും ഇതം രചതോന്നൊരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭ്രാന്തിയാണെന്ന് നമ്മളറിയുന്നത് നമുക്ക് നേതൻ രചതോന്ന് ഞാനുണ്ടാവുമ്പോഴാണ് അയം സർപ്പഹ എന്നൊരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭ്രാന്തിയാണെന്ന് നമ്മളറിയുന്നത് ന്യായം സർപ്പഹ നാ അയം എന്ന് ഞാനുണ്ടാകുമ്പോഴാണ് അപ്പൊ ഭ്രാന്തിജ്ഞാനം അത് തിരിച്ചറിയുന്നത് ആ ജ്ഞാനത്തെ നിഷേധിക്കുമ്പോഴാണ് അതാണ് ബാധകജ്ഞാനം അങ്ങനെയാണ് നിഷേധിക്കുന്ന ജ്ഞാനത്തെയാണ് എന്താ പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് ഇതല്ലേതോന്നൊരാൾക്ക് ജ്ഞാനം ഉണ്ടായാൽ ഇവിടെ പീതശങ്ക എന്നൊരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അയാള് പറയുന്നു പിത്തം മാറുമ്പം എന്താണ് ശ്വേതശങ്ക വെളുത്ത ശങ്കടേയും വാതകജ്ഞാനം വരും പീതശങ്കല്ല മഞ്ഞശങ്ക അല്ല വെള്ളശങ്ക പറയുന്നു അപ്പൊ ബാധവിജ്ഞാനോണ്ട് എന്ത് മനസിലാക്കാം ഇവിടെയും ഇത് ഭ്രാന്തി ആയിരുന്നു എന്ന് പറയാം യഥാർത്ഥം ഒന്നിങ്ങനെ പറയാൻ പറ്റും മനസിലായ എവിടെയൊക്കെ ഭ്രാന്തി ഉണ്ടാവുന്നു അതിനൊക്കെ തിരിച്ചറിയുന്ന എങ്ങനെ പീതശങ്ക എന്ന് പറയുന്ന ഭ്രാന്തി ഉണ്ടായ ഒരാൾക്ക് പിന്നീട് ബാധ ഞാനുണ്ടാകുന്നു ഇത് ശങ്കിൽ ശങ്കുന്നുണ്ടാകും മാറുമ്പോൾ ബാധം ഞാൻ ഉണ്ടാകണ ഇതും ഭ്രാന്തി ആണ് എന്റെ അഖ്യാതിവാദി എന്താ പറയുന്നത് ഭ്രാന്തി അല്ല യഥാർത്ഥമാണോ അതിന് സമാനം പറയുന്നു നേരത്തെ പറഞ്ഞ സമാനം തന്നെയാണ് ഭേദ േദം വിവേകൃത്യസ്യ ബാധകത്വംഅ പറയുന്നു ഇതാണ് സർപ്പം രജതം ഇങ്ങനെയൊക്കെ ബാധകം ഞാനുണ്ടാ െല്ലാം ബാധകജ്ഞാനം ഉണ്ടാവാം അത് ശരിയാണ് പക്ഷെ അതുകൊണ്ടത് ഭ്രാന്തി ആകത്തില്ല വാസ്തവത്തി അവിടെ എന്താണ് ആ നേതം എന്ന് പറയുന്നത് നായം ഇത് പീത അല്ല എന്ന് പറയുന്ന വിവേകപ്രത്യം ഇതെന്താണ് ഭേദ അഗ്രഹപ്രസഞ്ചിത അഭേദ വ്യവഹാര ഭാഗം ഭേദാഗ്രഹം കൊണ്ട് ഭേദജ്ഞാനം ഇല്ലാത്ത കൊണ്ടുവന്ന എന്താണ് അഭേദ വ്യവഹാരം ജ്ഞാനത്തെ അല്ല അഭേദ വ്യവഹാരത്തെ ബാധിക്കുകയാണ് അഭേദം എന്നുള്ള വ്യവഹാരത്തെ അഭേദ വ്യവഹാരം എന്നിട്ട് പറയുന്ന വ്യവഹാരമാണ് ഇപ്പൊ ഒരാൾ പറയുന്നത് പീരശങ്ക ഇതാണ് അഭേദ വ്യവഹാരം അതിനെ നിഷേധിക്കാൻ വേണ്ടി എന്ത് പറയുന്ന പീതസംഘ ആ ശബ്ദപ്രയോഗത്തെ നിഷേധിക്കുന്നു അല്ലെങ്കിൽ പീതസംഘം എന്നും പറഞ്ഞ ഒരാളങ്ങോട്ട് അതിൽ എന്തെങ്കിലും എടുക്കാനും മറ്റുമൊക്കെ പോകുന്നു ഓ ആശ്ചര്യത്തോടുകൂടി ആദ്യമായിട്ടാണ് ഒരു മഞ്ഞ സംഘമാണ് എന്നൊരു ഞാൻ കയ്യിലെടുക്കാൻ ഇതൊക്കെ വ്യവഹാരമാകാം പറയുന്നതും വ്യവഹാരം തന്നെ ഇപ്പം അവിടെ ജ്ഞാനത്തെ അല്ല ബാധിക്കുന്നു പിന്നെ എന്തിനാ വ്യവഹാരത്തെയാണ് ബാധിക്കുന്നത് ആദ്യ ഇങ്ങനെ പറഞ്ഞു ഇത് പീതസംഘമാണെന്ന് പിന്നെ പറയുന്നു എന്താണ് മുമ്പ് പറഞ്ഞതിനെ ബാധിക്കുകയാണ് ഇത് വീതശങ്ക് അല്ല അത്രയുള്ളു അപ്പൊ അവിടെ ജ്ഞാനത്തിന് ബാധം വരുന്നത് എല്ലാ വ്യവഹാരത്തിനാണ് ബാധം വരുന്നത് അതുകൊണ്ട് ജ്ഞാനത്തിന് ബാധം വന്നാലേ ഭ്രാന്തിയാവും ഇവിടെ ജ്ഞാനത്തിന് ബാധ ഇല്ല പിന്നെ എന്തിനാണ് ബാധയുള്ളത് വേറെ മനസ്സ് വേറെ പോയി വ്യവഹാരത്തിനാണ് ബാധകർ അങ്ങനെ പറഞ്ഞേനെ നിഷേധിക്കുന്നു എങ്ങനെ പറഞ്ഞോ പീതശങ്ക എന്ന് പറഞ്ഞതിനെ നിഷേധിക്കുന്നു നായം പീത ആദ്യം പറഞ്ഞേനെ ഉണ്ടാകാൻ നിഷേധിക്കുന്നു അല്ലാ ഞാനത്തെയല്ല നിഷേധിക്കുന്നത് അപ്പൊ ബാധകർ വ്യവഹാരത്തെ നിഷേധിക്കുകയാണ് നല്ലാതെ ജ്ഞാനത്തെ അല്ല നിഷേധിക്കുന്നത് അതുകൊണ്ടിത് ഭ്രാന്തി അല്ല യഥാർത്ഥം തന്നെയാണ് മുമ്പ് പറഞ്ഞ അഭേദ വ്യവഹാരത്തെ നിഷേധിക്കുന്നു അത്ര അഭേദ വ്യവഹാരത്തിൽ എന്തു പറഞ്ഞോ ഇത് മഞ്ഞയാണ് ഈ സംഘം അങ്ങനെ നിഷേധിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു ഈ സംഘം മഞ്ഞയല്ല ഇത്രയും കൂടെ സംഭവിച്ചു മനസിലായ ഭേദഗ്രഹം കൊണ്ട് സമ്പാദിതമായ ഈ പ്രസഞ്ജിതം എന്ന് പറയുന്നതിന് ആരോപിതം എന്നർത്ഥം പറയും ഇവിടെ അതിന് സമ്പാദിതമെന്നർത്ഥം പറയും കാരണം ആരോപിതമെന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് ഭ്രമമാണെന്ന് പറയും ഭേദാഗ്രഹം കൊണ്ട് രജു സർപ്പത്തെ ഭേദാഗ്രഹം കൊണ്ട് ആരോപിച്ചു എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാകും അവരുടെ സമ്പാദിതമെന്ന് പറയും അല്ല വേണമെങ്കിൽ ആരോപിതമൊന്നും പറയാം എന്നുവെച്ചാൽ ലോകര് ആരോപിതമെന്ന് പറയുന്ന എന്നർത്ഥം പറയും എന്നാണ് കുഴപ്പമില്ല ലോകർ പറയുന്നു സത്യമുണ്ട് ഭേദാഗ്രഹം ഭേദാഗ്രഹം കൊണ്ട് സമ്പാദിതമായ അഭേദ വ്യവഹാര ബാധന അഭേദ വ്യവഹാരത്തെ ബാധിക്കുകയാണ് ഇത് മഞ്ഞയാണെന്നുള്ള ശബ്ദപ്രയോഗത്തെ നിഷേധിച്ചിട്ടാണ് പറയുന്നത് ഇത് മഞ്ഞയല്ലേദം ഇത് വിവേക പ്രത്യസ്ഥ ബാധകത്വം അതുകൊണ്ട് നേദം എന്ന് പറയുന്ന ഈ ജ്ഞാനം വിവേക ജ്ഞാനം എന്താണ് ബാധകം തന്നെയാണ് എന്തിനെ ബാധിക്കുന്നു എന്തിനാണ് ബാധിക്കുന്നു എന്തിനെ ബാധിക്കുന്നു വ്യവഹാരത്തെ ബാധിക്കുന്നു എന്തിനെ ബാധിക്കുന്നില്ല എന്തിനെ ബാധിക്കുന്നില്ല ആ ജ്ഞാനം എന്താവും ഭ്രാന്തിയാവും തത് ഉപിച്ച പ്രാക്തനസ പ്രത്യഭ്രാന്തത്വമേ ലോകസിദ്ധം സിദ്ധംഭവ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുക എന്താണ് ഭ്രാന്തിയെ കുറിച്ച് എല്ലാവരും പറയുന്നു എന്താണ് രജസർപ്പം ഭ്രാന്തിയാണ് നിങ്ങളെന്താ പറയുന്നത് രജസർപ്പം യഥാർത്ഥമാണ് എല്ലാവരുടെ അഭിപ്രായത്തെ അനുഷേരിക്കുന്നത് ശരിയാണ് എല്ലാവരും ഇന്ന് ഭ്രാന്തിയാണെന്ന് പറയുന്നതായി ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്ന് വെച്ചാൽ ഭ്രാന്തി എന്ന് പറയുന്നത് ലോകസിദ്ധമാണ് ലോകസിദ്ധം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ സിദ്ധമായ ഒരു കാര്യമാണ് പക്ഷെ ഭ്രാന്തി എന്ന് പറയുന്നത് ശാസ്ത്രസിദ്ധമായ കാര്യമാണ് ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് അതിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല ജനങ്ങളുടെ ഇടയിൽ സിദ്ധമായി എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങൾക്കറിവില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ഭേദാഗ്രഹം കൊണ്ടുവരുന്ന അസംസർഗാഗ്രഹം അല്ലെങ്കിൽ ഭേദാഗ്രഹം കണ്ടു വന്നു ഭേദാഗ്രഹം കൊണ്ടുവരുന്ന യഥാർത്ഥമായ ജ്ഞാനത്തെ ലോകര് ജനങ്ങള് ഭ്രാന്തി എന്ന് പറയുന്നു അത്രയേ അല്ലാതെ സർപ്പം എന്ന് പറയുന്നത് എന്തല്ല ഭ്രാന്തിയാണ് പക്ഷെ ഭ്രാന്തി എന്ന് പറയുന്നത് ദോഷമൊന്നുമില്ല എന്തുകൊണ്ട് ജനം പറയുന്ന ജനം പറയുന്നു ദ്ധമാണ് അതുകൊണ്ട് അവര് പറയുന്നത് ഇപ്പൊ ജനങ്ങളെല്ലാം പറയുന്നു എന്ന് വിചാരിച്ച് അത് ലോകസിദ്ധമായ കാര്യം ശാസ്ത്രത്തിൽ സിദ്ധ എന്ന് വെച്ചാൽ ശാസ്ത്രം ഇതാണ് അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ വ്യക്തി വിചാരമൊക്കെ ചെയ്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണോ ഇത് ഭ്രാന്തിയല്ല യഥാർത്ഥമാണ് എന്ന് തതുപപത്തൗ വിവേകം വിവേകം ജ്ഞാനത്തെ അല്ല ബാധിക്കുന്നത് വ്യവഹാരത്തെയാണ് ബാധിക്കുന്നത് എന്ന് സിദ്ധമാകുമ്പോൾ തതുപത്തൗ പ്രാക്തനസ്യ പ്രത്യസ്യ മുമ്പുണ്ടായ ആദ്യമുണ്ടായ ഇതം രജതം അയം സർപ്പ പീതശങ്ക ജ്ഞാനങ്ങളെല്ലാം ഭ്രാന്തത്വം അത് ഭ്രാന്തമാകും അങ്ങനെ ലോകസിദ്ധം സിദ്ധം ബോധി ലോകസിദ്ധമായ ഭ്രാന്തത്വം ലോകർ പറയുന്ന ഭ്രാന്തത്വം സിദ്ധിക്കും വാസ്തവത്തിൽ ഭ്രാന്തത്വം അല്ല എന്തുകൊണ്ട് ഭ്രാന്തത്വമല്ല ശാസ്ത്രസിദ്ധം അല്ല അങ്ങനെ രണ്ടു കാര്യങ്ങളുണ്ട് ലോകസിദ്ധമായ കാര്യങ്ങളുണ്ട് ശാസ്ത്രസിദ്ധമായ കാര്യമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഭൂമി പരന്നിരിക്കുന്നു അത് ലോകസിദ്ധമായ കാര്യമാണ് ഭൂമി ഉറമ്പിരിക്കുന്നു അതെന്താണ് ശാസ്ത്ര സിദ്ധമാണ് അതുപോലെ ശാസ്ത്രസിദ്ധമായ കാര്യങ്ങളും ലോകസിദ്ധമായ കാര്യങ്ങളും ഇപ്പൊ ലോകസിദ്ധമായ കാര്യമാണ് എന്ത് രജുസർപ്പം ആ ജ്ഞാനം ഗ്രാന്തിയാണ് ശാസ്ത്രസിദ്ധമായ കാര്യം എന്താണ് അത് യഥാർത്ഥമാണ് തസ്മാ അതുകൊണ്ട് എന്താണ് സർവേ വിപ്രതിപന്നാഹ േ വിപ്രതിപന്നായങ്ങളല്ല എല്ലാ സന്ദേഹ വിഭ്രമാതാണ് പക്ഷം യഥാർത്ഥ സാധ്യം പ്രത്യത്വ അത് ഇതെല്ലാം ജ്ഞാനമായതുകൊണ്ട് പോലെ അതായത് ഘടാതിജ്ഞാനം എങ്ങനെയാണോ യഥാർത്ഥമായിരിക്കുന്നത് ഈ ജ്ഞാനങ്ങളല്ല അതുപോലെ തന്നെ എല്ലാ ജ്ഞാനവും യഥാർത്ഥമാണോ ദൃഷ്ടാന്തമാണെന്ത് ഘടാദിപ്രത്യ ഹേതു കൊണ്ടെന്താണോ പ്രത്യേകത്വ സാധ്യം കൊണ്ട് എന്താണോ സർവേ വിപ്രതിപാർത്ഥ യഥാർത്ഥം എന്ന് പറയുന്നത് പക്ഷത്തിൽ ചെയ്തുകൊണ്ട് എന്താണ് ഒരു വിപ്രതിപന്ന വിപ്രതിപത്തി വിരുദ്ധാഭിപ്രായം എല്ലാത്തിലും ഒന്നുണ്ട് പ്രത്യത്വമുണ്ട് പക്ഷത്തിൽ ഭേദമുണ്ട് ദൃഷ്ടാന്തത്തിൽ സാധ്യഭേതുകൊണ്ട് ഹനുമാനം ശരിയാണതുകൊണ്ട് എന്താണ് അഖ്യാതിവാദികൾ പറയുന്നത് എല്ലാ ജ്ഞാനവും അത് നിങ്ങൾ ഭ്രഹ്മെന്ന് പറഞ്ഞാൽ സന്ദേഹം പറഞ്ഞാൽ എന്തു പറഞ്ഞാലും ചില സംശയത്തെ യഥാർത്ഥനമായി അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ ജ്ഞാനവും ഭ്രമം സംശയം തുടങ്ങിയ എല്ലാ ജ്ഞാനങ്ങളും എന്താണ് യഥാർത്ഥ യഥാർത്ഥമാണെന്നു കൊണ്ട് ഞാൻ യഥാർത്ഥമേ ആയിരിക്കാൻ പറ്റും പ്രത്യത്വ അതുപോലെ ഘടാധിപ്ര യഥാർത്ഥമാണല്ലോ അതുപോലെ തന്നെ എല്ലാ ജ്ഞാനവും